തിരുവദിന സ്ത്രോത്രം ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം ശുശ്രൂഷയിലേക്ക് വരാം സ്നേഹം നിറഞ്ഞ പരിശുദ്ധ പിതാവേ ന് ശുശ്രൂഷയ്ക്കായി ഞങ്ങളെ ഇപ്പോൾ ഒരുക്കണമേ ജീവന്റെ ആലോചനകൾ ഞങ്ങൾക്ക് തരണമേ സ്വർഗത്തിന്റെ സന്ദേശം ഞങ്ങളുടെ മധ്യത്തിൽ മുഴങ്ങണമേ സ്വർഗീയ കൃപകൾ ഞങ്ങളുടെ മേൽ പ്രകാശിക്കണമേ സ്വർഗീയ ദൂതമ്മ ഞങ്ങളെ കാവലായി നിർത്തണമേ കർത്താവേ അവിടത്തെ സ്വർഗീയ അഗ്നി ഞങ്ങളുടെ മധ്യത്തിൽ കത്തണമേ അഗ്നി ഞങ്ങളുടെ മധ്യത്തിൽ കത്തി ഓരോരുത്തരിലും തീ പടർന്നു പിടിക്കണമേ കർത്താവെ തീയുടെ വചനത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ആത്മാവിന്റെ അധികാരത്തോടെ ഈ നിരാത്രി വചനം സംസാരിപ്പാൻ കർത്താവെ അവിടുത്തെ നൽവരവും നടപടിയായി നൽകണമേ അനുഗ്രഹിക്കണമേ കാവൽ ചെയ്യണമേ എതിരു മഹത്വപ്പെടുത്തണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമി നമുക്കെല്ലാവർക്കും ഒരുമിച്ചൊന്ന് പാടാം നല്ല ശബ്ദത്തിൽ പാടാം ഉയർന്ന ശബ്ദത്തിൽ പാടാം നമുക്കെല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ് നമുക്ക് ഒരുമിച്ച് പാടാം തഞ്ജനത്തെ കണ്ട ാണ് നപ്പോൾ പാടിയത് നമ്മെ എല്ലാവരെയും കണ്ട് യേശുക്രിസ്തു പുഞ്ചിരി തോന്നുന്നു ഞാൻ ചിന്തിക്കുകയാണ് പ്രിയപ്പെട്ട സി എം മാസാറെ പ്രസംഗിച്ചപ്പോൾ ഒടുവിലായി പറഞ്ഞത് കർത്താവ് വാതുക്കിൽ നിന്ന് മുട്ടുന്നു ആരെല്ലാം കർത്താവിന് ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമെന്നാണ് അനേകർ ഇതിനകം കർത്താവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് ആത്മാവിന്റെ നിർവൃതിയിലിരിക്കുന്നത് കണ്ട് കർത്താവ് പുഞ്ചിരിഞ്ഞൂവിക്കൊണ്ട് നിൽക്കുന്നു എന്നാൽ ദൈവദൂതന്മാർ അത്ഭുതത്തോടെ ആദരവോടെ നോക്കി നിൽക്കാൻ കാരണം ദൈവദൂത സംഘമെല്ലാം നോക്കി നോക്കി നിൽക്കാൻ കാരണം ഇനിയും ചില അത്ഭുതങ്ങൾ ഈ ദൈവമക്കളിൽ നിർവഹിപ്പാൻ കർത്താവ് നിൽക്കുന്നല്ലോ കർത്താവ് നിൽക്കുന്നല്ലോ കർത്താവ് ജനത്തിനിടയിലൂടെ നടക്കുന്നല്ലോ എന്ന് കണ്ടുകൊണ്ട് ദൈവദൂത സംഘമെല്ലാം നോക്കി നോക്കി നിൽക്കുന്നു തൻ ജനത്തെ കണ്ട് യേശു പുഞ്ചിരി തൂകിയിടുന്നു ദൈവദൂത സംഘമെല്ലാം നോക്കി നോക്കി നിൽക്കുന്നു ഇതിന്റെ അർത്ഥം നമുക്ക് ഗ്രഹിച്ചുകൊണ്ട് ഉയർന്ന ശബ്ദത്തിൽ എല്ലാവരും ചേർന്ന് പറ്റുമെങ്കിൽ കൈകളെ അടിച്ചുകൊണ്ട് കൈയടിക്കാൻ പറ്റുന്നവർ കൈ അടിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പാടാം संग भरिया नोती नोती मिलकु नो जानुवे निकुल्ला देला केसुवे नो सन्दमे जानुवे निकुल्ला देला एसुवे नो മഹത്വം ഉണ്ടാകട്ടെ രാജാക്കന്മാരുടെ രണ്ടാമത്തെ പുസ്തകം നാലാമധ്യായം ഏഴാം വാക്യം രണ്ട് രാജാക്കന്മാർ നാലാം അധ്യായം ഏഴാം വാക്യം അവൾ ചെന്ന് ദൈവപുരുഷനോട് വസ്തുതയെ അറിയിച്ചു നീ പോയി എണ്ണവിറ്റ് കടം ശേഷിപ്പുകൊണ്ട് നീയും മക്കളും ഉപജീവനം കഴിച്ചു എന്ന് പറഞ്ഞു നീ പോയി എണ്ണവിറ്റ് കടം ശേഷിപ്പ് കൊണ്ട് നീയും മക്കളും ഉപജീവനം കഴിച്ചുകൊള്ളുക കുടുംബസമാധാനം നൽകുന്നവനെന്നുള്ളതാണ് ഈ വർഷത്തെ ചിന്താവിഷയം കുടുംബസമാധാനത്തിനുള്ള അനേകമനേകം കാര്യങ്ങളിൽ വ്യക്തമായ തീരുമാനങ്ങൾ നിങ്ങൾ പലരും എടുത്തുകഴിഞ്ഞു വീടുകളിലേക്ക് പോകുവാനാണ് പറയുന്നത് നിങ്ങൾ ഇന്നായി കൺവെൻഷൻ കഴിഞ്ഞാൽ വീടുകളിലേക്ക് പോകും നീ പോയി എണ് വിറ്റ് കടം വീട്ടി ശേഷിപ്പുകൊണ്ട് നീയും മക്കളും ഉപജീവനം കഴിച്ചുകൊള്ളുക പ്രിയപ്പെട്ടവരെ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടില് സമുദ്രത്തിൽ കൂടി ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ പായുകയായിരുന്നു ഫ്രാൻസിന്റെ തീരത്ത് നിന്ന് അമേരിക്കയിലെ ന്യൂയോർക്കിലേക്കുള്ള ദ്രുതഗതിയിലുള്ള ഒരോട്ടമായിരുന്നത് വളരെ സുഖസൌകര്യങ്ങളുള്ള ആഡംബര പ്രൌഢിയുള്ള ലോകത്തിലെ ഏറ്റവും വില കൂടിയതും ഏറ്റവും വലിയതുമായ ഒരു കപ്പലായിരുന്നു ടൈറ്റാനിക് ഈ കപ്പൽ ഏതാണ്ട് രണ്ടായിരത്തി ഇരുന്നൂറോളം യാത്രക്കാരെ വഹിച്ചുകൊണ്ട് ദ്രുതഗതിയിൽ പായുകയായിരുന്നു കപ്പലിന്റെ ചെറുപ്പക്കാരനായി കപ്പിത്താൻ അദ്ദേഹം എഞ്ചിൻ റൂമിൽ നിന്നുകൊണ്ട് കപ്പലിന്റെ ഗതി നിയന്ത്രിച്ചു കൊണ്ടിരുന്നു മാത്രമല്ല എത്ര വേഗത്തിൽ ഈ ഓടാൻ പറ്റുമെന്ന് ആ കന്നി യാത്രയിൽ ആദ്യ യാത്രയിൽ അദ്ദേഹം നോക്കിക്കൊണ്ടിരുന്നു അദ്ദേഹം ആകുന്നതും സ്പീഡ് കൂട്ടിക്കൂട്ടി പരമാവധി സ്പീഡിൽ കപ്പൽ നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ആദ്യത്തെ യാത്രയിൽ ഈ രണ്ടായിരത്തി ഇരുന്നൂറ് യാത്രക്കാരും അങ്ങ് സന്തോഷത്തിന്റെ ലഹരിയിൽ ആനന്ദത്തിന്റെ തികവിൽ സന്തോഷിച്ച് ആർത്ത് ചിരിച്ച് മേളിച്ച് കപ്പലിൽ കപ്പലിന്റെ സ്പീഡ് കപ്പലിന്റെ വലിപ്പം കപ്പലിന്റെ ആഡംബരം കപ്പലിന്റെ പ്രൌഢി അതെല്ലാം ഓർത്ത് അങ്ങനെ സന്തോഷിച്ചിരിക്കുകയായിരുന്നു പെട്ടെന്ന് കപ്പിത്താന്റെ എഞ്ചിൻ മുറിയിൽ ഫോൺ ബില്ലടിച്ചു കപ്പലിന്റെ ഗതിയില്ലങ്ങ് ഹരം പൂണ്ട് നിന്ന് കപ്പിത്താൻ ഫോൺ എടുത്തില്ല ഒരു വിൽക്ക് കഴിഞ്ഞ് വീണ്ടും ഫോൺ ബില്ലടിച്ചു അപ്പോഴും കേട്ടു പക്ഷെ അദ്ദേഹം ഫോൺ എടുത്തില്ല മൂന്നാമത് ഫോൺ ബെല്ലടിച്ചു അദ്ദേഹം അല്പം വൈമനസ്യത്തോടെ ഞാൻ ഫോൺ എടുത്തു ഒറ്റയ്ക്കൊരു വാക്ക് ഡീവിയേഷൻ വേഗം വഴിമാറുക ഒരു ഭീമാകാരമായ മഞ്ഞുകെട്ടി മുന്നിലുണ്ട് അതുകൊണ്ട് വേഗം ഗതി മാറ്റുക പക്ഷേ അദ്ദേഹം ഗതി മാറ്റാൻ നോക്കിയപ്പോഴേക്കും നിമിഷങ്ങൾക്കുള്ളിൽ ആ മഞ്ഞുകെട്ടിയയിൽ കപ്പൽ ചെന്ന് ഇടിച്ചു ഭയാനകമായൊരു അത്യാഹിതമായിരുന്നു അത് അറുന്നൂറിലേറെ യാത്രക്കാർ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ രക്ഷാബോട്ടുകളിൽ ബാക്കിയുള്ളവരെല്ലാവരും ആ കപ്പൽ തകർന്ന് അറ്റ്ലാന്റിക്കിൽ താണും ആദ്യം വെല്ലടിച്ചപ്പോൾ ഒന്നെടുത്താൽ മതിയായിരുന്നു സമയമുണ്ടായിരുന്നു ഗതി തിരിച്ചുവിടാമായിരുന്നു പെട്ടെന്ന് ഒന്ന് ഗതി മാറ്റാമായിരുന്നു രണ്ടാമത് വെല്ലടിച്ചപ്പോഴെങ്കിലെടുക്കാമായിരുന്നു ഈ രണ്ട് സമയവും നഷ്ടപ്പെടുത്തി പിന്നെ സമയം കിട്ടിയില്ല സഹോദരങ്ങളെ ഈ ഒടുവിലത്തെ രാത്രിയിൽ രണ്ടായിരത്തി ഒൻപതിലെ കൺവെൻഷന്റെ അവസാന രാത്രിയിൽ വളരെ വിനയപൂർവ്വം എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് ഗതി മാറ്റാൻ ഇനി ഒരുപക്ഷേ സമയമധികം കിട്ടിയെന്ന് വരികയില്ല ജീവിതത്തിന്റെ ഗതി മാറ്റാൻ ജീവിതത്തിന്റെ ഗതിയിൽ വ്യതിയാനം വരുത്താൻ ഇനി നിങ്ങൾ അമാന്തിക്കരുത് സമയം തെറ്റരുത് സമയം തെറ്റിയാൽ പക്ഷേ അത്യാഹിതം സംഭവിച്ചുവരും തിരുത്താനാവാത്ത കനത്ത നഷ്ടം ഏറ്റുവെന്ന് വരും നിത്യനരകത്തിന്റെ ഭീകര യാഥാർത്ഥ്യത്തിലേക്ക് വഴുതി വീണുവെന്ന് വരും അതിനിടെ വരാതെ ഇന്ന് രാത്രി നിങ്ങൾ ഈ ഒടുവിലത്തെ സമയത്ത് ഈ സമാപന നിമിഷങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ വഴിതിരിച്ചുവിടുവാൻ ചുക്കാൻ യേശുവിനെ ഏൽപ്പിക്കൂ നിയന്ത്രണം യേശുവിനെ ഏൽപ്പിക്കൂ കരണിയുള്ളകർത്താവിന്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ ആയുസ് നിങ്ങൾ വിട്ടുകൊടുക്കൂ മറ്റൊന്നും നിങ്ങളോട് പറയുന്നില്ല യേശുക്രിസ്തന്റെ കൈകളിലേക്ക് നിങ്ങളെ തന്നെ കൊടുക്കൂ നിങ്ങളുടെ ദേഹവും ദേഹിയും ആത്മാവും യേശുക്രിസ്തന്റെ കൈകളിലേക്ക് കൊടുക്കൂ ഇതുവരെ പോന്ന വഴി ഒന്ന് വ്യതിയേൽപ്പിച്ച് നേരായ വഴിയിലൂടെ സഞ്ചരിക്കാൻ നിങ്ങൾ തുടങ്ങൂ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതം നഷ്ടപ്പെടുത്താനുള്ളതല്ല കളഞ്ഞു കുളിക്കാനുള്ളതല്ല പൈശാചികന് ഈമ്പിക്കുടിക്കാനുള്ളതല്ല സാത്താന് ചപ്പിയെടുത്ത് നീരെടുത്ത് ചണ്ടി വലിച്ചു കളയുന്നത് പോലെ വലിച്ചു തുപ്പുന്നത് പോലെ നമ്മെ നശിപ്പിച്ചു കളയാനുള്ളതല്ല പൈസ അതിന്റെ കൈകളിലേക്ക് വിട്ടുകൊടുക്കേണ്ടതല്ല വേഗം വഴിതിരിച്ചുവിട്ടുകൊള്ളു അത്യാഹിതം മുന്നേ നിൽക്കുന്നു അത്യാപത്ത് മുന്നേ നിൽക്കുന്നു അപകടം ഇതെടുത്ത് വന്നിരിക്കുന്നു ആരറിഞ്ഞു ലോകത്തിന് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് രണ്ടായിരത്തി പത്തിലെ കൺവെൻഷനിൽ അങ്ങനെയൊന്നുണ്ടെങ്കിൽ ുണ്ടായിരിക്കുമെന്നാരറിഞ്ഞു പ്രിയപ്പെട്ടവരെ ഈ ലോകത്ത് അതിനകം എന്തെല്ലാം സംഭവിക്കുമെന്നാരറിഞ്ഞു ഏതെങ്കിലും ഭൂകമ്പങ്ങൾ സംഭവിക്കാൻ പോകുന്നുണ്ടോ നമുക്ക് അറിഞ്ഞുകൂടാ ലോകത്തിൽ ഏതെങ്കിലും വലിയ കോഴിലക്കങ്ങൾ സംഭവിക്കാൻ പോകുന്നുണ്ടോ നമുക്ക് ഏതെങ്കിലും ഭയാനകമായ ഭീകരാക്രമണങ്ങൾ വന്ന് സംഭവിക്കുമോ നമുക്ക് അറിഞ്ഞുകൂടാ നമ്മുടെ സ്വന്തം സ്വന്തം കൊച്ചു കുടുംബങ്ങളിൽ എന്തെങ്കിലും അത്യാഹിതങ്ങളോ അത്യാപത്തുകളോ സംഭവിക്കുമോ എന്നും അറിഞ്ഞുകൂടാ നാമോ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരോ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമോ എന്നും പറഞ്ഞുകൂട വേഗം വഴിതിരിച്ചുകൊള്ളുക ഒട്ടും വൈകണ്ട വഴിമാറിപ്പോയിക്കൊള്ളുക ദൈവത്തിന്റെ സ്തോത്രം പ്രിയപ്പെട്ടവരെ ഞാൻ വായിച്ചു സീസർ ചക്രവർത്തിമാരിൽ വളരെ ശ്രേഷ്ഠനായിരുന്നു ജൂലിയ സീസർ ജൂലിയ സീസർ നീതിമാനായ ഒരു നല്ല ചക്രവർത്തിയായിരുന്നു ജൂലിയ സീസർ അദ്ദേഹം ഒരു ദിവസം അദ്ദേഹത്തിന്റെ ആസ്ഥാനമണ്ഡപത്തിലേക്ക് മന്ത്രിമാരും അദ്ദേഹത്തിന്റെ സേന നായകന്മാരുമെല്ലാമുള്ള പൌരപ്രമുഖരുള്ള ആസ്ഥാനമണ്ഡപത്തിലേക്ക് പോകാൻ ധൃതി അദ്ദേഹം വേഷവിധാനങ്ങളെല്ലാമായി അദ്ദേഹത്തിന്റെ സ്ഥാനചിഹ്നങ്ങളോടുകൂടി വേഷവിധാനങ്ങളോടുകൂടി പോകാനൊരുങ്ങി അങ്ങിറങ്ങി പോകാൻ തുടങ്ങുമ്പോൾ പെട്ടെന്നൊരാളൊരു കഷ്ണം കടലാസം കൊണ്ട് ഒരു കടലാസ് എന്താണെന്നത് നോക്കിയില്ല കാരണം സമയം കഴിഞ്ഞിരിക്കുന്നു വളരെ വേഗം അദ്ദേഹത്തിന് ആസ്ഥാനമണ്ഡപത്തിലേക്ക് പോകണം സമയം കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം അത് ട്രൌസറിന്റെ പോക്കറ്റിലേക്ക് ഇട്ടു കോട്ടിന്റെ പോക്കറ്റിൽ തിരികെയിട്ട് വേഗം അദ്ദേഹം വാഹനത്തിൽ കയറി വേഗം അദ്ദേഹം ആസ്ഥാനമണ്ഡപത്തിലേക്ക് പോയി അന്നവിടെ വെച്ചൊരു സംഭവം ഉണ്ടായി അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ ബ്രൂട്ടസും കാഷ്യസും കാസ്കായും അവര് അദ്ദേഹത്തെ വധിച്ചു ഇതിന് എഴുതിയിരുന്നത് പിന്നീട് അദ്ദേഹത്തിന്റെ കോട്ടിന്റെ പോക്കറ്റിൽ നിന്നെടുത്തു ഇന്ന് ആസ്ഥാനമണ്ഡപത്തിലേക്ക് പോകരുത് ഗൂഢാലോചന നടത്തുന്നവരുണ്ട് ഇന്ന് അങ്ങോട്ട് പോകരുത് എന്നുള്ള മുന്നറിയിപ്പായിരുന്നു അത് അപ്പോൾ കിട്ടിയപ്പോൾ തന്നെ ഒന്ന് നോക്കിയിരുന്നെങ്കിൽ ആ അപകട മരണത്തെ അദ്ദേഹത്തിന് പ്രിയപ്പെട്ടവരെ നിങ്ങോട്ട് പറയട്ടെ നിങ്ങൾക്ക് ഇന്ന് ചില മുന്നറിയിപ്പുകൾ തരികയാണ് നിങ്ങൾക്ക് ഇതിനകം അനേകം മുന്നറിയിപ്പുകൾ ഈ ദിവസങ്ങളിൽ കിട്ടിക്കഴിഞ്ഞു ഇന്ന് ഈ അവസാനത്തെ രാത്രിയിലും ചില മുന്നറിയിപ്പുകൾ നിങ്ങൾക്ക് തരികയാണ് മുന്നറിയിപ്പ് തരുന്നത് നിങ്ങൾ അടുത്ത ചുവട് വയ്ക്കുന്നത് സൂക്ഷിച്ചു വേണമെന്നാണ് വളരെ കരുതലോടെ വേണം അടുത്ത ചുവട് വയ്ക്കുവാൻ വളരെ സൂക്ഷ്മതയോടെ വേണം അടുത്ത സ്റ്റെപ്പ് വയ്ക്കുവാൻ കാരണം അപകടം പതിയിരിക്കുന്നു അത്യാഹിതങ്ങൾ വരാൻ പോകുന്നു നാശങ്ങൾ വരാൻ പോകുന്നു ഭൂകമ്പങ്ങൾ വരാൻ പോകുന്നു ഭൂമി വിലക്കങ്ങൾ സംഭവിക്കാൻ പോകുന്നു കെടുതികൾ വരാൻ പോകുന്നു ലോക അവസാനത്തിലേക്ക് ത്വരിതഗതിയിൽ പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുന്നു ആകാശം കൊടുമ്പുഴക്കത്തോട് ഒഴിഞ്ഞു പോകും മൂലപദാർത്ഥങ്ങൾക്കെത്തി അഴിയുകയും ഭൂമിയും അതുള്ള പണികളും എന്തുപോകുകയും ചെയ്യും ആകാശം കൊടുമുഴക്കത്തോട് ഒഴിഞ്ഞു പോകുന്ന ആളുകൾ അടുത്തു വരുന്നു മൂലപദാർത്ഥങ്ങൾക്കെത്തി അഴിയാൻ പോകുന്നു ഭൂമിയും അതിലുള്ള പണികളും എന്തുപോകാൻ പോകുന്നു എല്ലാം എല്ലാം കത്തി നശിക്കും പ്രിയപ്പെട്ടവരെ ഇന്ന് നാം തിന്നും കുടിച്ചും നാം ഇന്ന് സന്തോഷിച്ചും ജീവിച്ചും വിവാഹത്തിന് കൊടുത്തും വിവാഹം കഴിച്ചും നാം ഇന്ന് കുടുംബജീവിതം നയിച്ചും മക്കളെ പോറ്റിയും വളർത്തിയും പഠിച്ചും പഠിപ്പിച്ചും കാലങ്ങൾ കാലങ്ങൾ മുന്നോട്ട് പോകുന്നു പ്രിയപ്പെട്ടവരെയതൊന്നും വേണ്ട എന്നല്ല എന്നാൽ നമ്മുടെ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാനി അവാാന്തിക്കരുത് മരണത്തിന് ശേഷമുള്ള നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാ ഇനി വൈകരുത് യേശുനാഥൻ വരാറായി കർത്താവായ യേശുവിന്റെ കാഹളധ്വനി കേൾക്കാറായി യേശു വീണ്ടും വരും യേശു വരുമ്പോൾ അന്ന് ഈയിരിക്കുന്ന ആരും അവന്റെ സന്നിയിലെത്തിയില്ല എന്ന് വരരുത് മധ്യാകാശത്തേക്ക് പറന്നുയർന്നില്ല എന്ന് വരരുത് നൈവാൻമാർ തൻ മുൻകൊമ്പിൻ നാദം കേട്ടിട്ട് അങ്കിയണിഞ്ഞ് എതിരേൽപ്പാനായി പോകുന്ന സംഘത്തിൽ നാം ചേർന്നില്ല എന്ന് വരരുത് നാം ഓരോരുത്തരും പറന്നുയരേണ്ടവരാണ് നാം ഓരോരുത്തരും രൂപാന്തരം പ്രാപിച്ച് പറക്കേണ്ടവരാണ് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ക്ലേശങ്ങളുണ്ട് നമുക്ക് ദുരിതങ്ങളും യാതനകളുമുണ്ട് വേദനകളും പ്രശ്നങ്ങളുമുണ്ട് പ്രതിസന്ധികളും കഷ്ടങ്ങളുമുണ്ട് കടവും ഭാരവുമുണ്ട് രോഗങ്ങളും ദുഃഖങ്ങളുമുണ്ട് പിന്നിപ്പുകളും കുത്തിത്തിരിപ്പുകളുമുണ്ട് ജീവിതത്തിൽ അനേകമനേകം പ്രതിസന്ധികളെ നാം ദിനം പ്രതി അതിജീവിച്ചുകൊണ്ടും അഭിമുഖീകരിച്ചുകൊണ്ടുമാണ് ഇരിക്കുന്നത് എന്നാൽ ഈ പ്രതിസന്ധി നിറഞ്ഞതായ ലോകത്തിൽ നമുക്ക് ആശാകേന്ദ്രമായി ആരുണ്ട് ഒരേ ഒരു ഉറപ്പുള്ള കൊമ്പ് അത് കർത്താവായി യേശുവാണ് വേദപുസ്തകം പറയുന്നത് ഈശായിയുടെ കൊമ്പ് വേദപുസ്തകം പറയുന്നത് ദാബീതിന്റെ പേര് വേദപുസ്തകം പറയുന്നത് ശുഭ്രമായി ഉദയ നക്ഷത്രം എന്നാണ് കൊമ്പ് ഇവിടെ കാണുന്ന കൊമ്പുകളെല്ലാം ഇരിഞ്ഞു ഒഴിഞ്ഞു വീഴും എല്ലാം ഇരിയും ആരോഗ്യം തകരും ശരീരം ക്ഷീണിക്കും സമ്പത്ത് നഷ്ടപ്പെടും കൂട്ടാളികൾ കൈവിട്ടു പോകും ഇന്ന് സഹായിക്കുന്ന എതിരാളികളായി എന്ന് വരാം ഇന്നത്തെ ചുറ്റുപാടുകൾ മാറിയെന്ന് വരാം എല്ലാമെല്ലാം തകിടമറിയാൻ അതിൽ നേരമൊന്നും വേണ്ട എന്നാൽ മാറാത്തൊരുവനുണ്ട് അതിശായിയുടെ കൊമ്പാണ് എല്ലാ കൊമ്പുകളും ഒടിയുമ്പോൾ നിങ്ങൾ ചാടി പിടിച്ചുകൊള്ളണം കർത്താവായ യേശുവിനെ ഇന്ന് ഈ യേശുവിനെ പിടിക്കാതെ നിങ്ങൾ ആരും പോകരുത് യേശുവിനെ നിങ്ങൾ ചാടി പിടിച്ചുകൊള്ളണം ഒടിയാത്ത കൊമ്പിൽ നിങ്ങൾ പിടിച്ചുകൊള്ളണം തകരുന്ന കൊമ്പുകൾ ഏറെയാണ് ഒടിയാത്ത കൊമ്പ് യേ ശിവന്റെ പൊന്നുപാതം മാത്രമാണ് അവിടം പിടികിട്ടിയാൽ സ്നേഹിത നീ ഒരു ഭാഗ്യശാലിയാണ് യേശുവിൻ നിനക്ക് പിടികിട്ടിയാൽ മകളെ നീയൊരു ഭാഗ്യശാലിയാണ് യേശുവിനെ നിനക്ക് സ്വന്തമായി കിട്ടിയാൽ നീയൊരു ഭാഗ്യശാലിയാണ് അതാണ് ദേവദാസൻ അല്പം പറഞ്ഞു നിർത്തിയത് യേശുത അതിന്റെ വാതുക്കളിൽ നിന്ന് മുട്ടുന്നു ഓരോരുത്തരെയും ഹൃദയവാതിൽക്കൊന്ന് മുട്ടുന്നു ആരെങ്കിലും യേശു ഒരു ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ അവനകത്ത് വന്ന് അവൻ അവനോടും യേശു അവനോടും കൂടെ അത്താഴം കഴിക്കുമെന്ന് പറയുന്നു ദൈവത്തിന് സ്തുതി സഹോദരങ്ങളെ യേശു നമ്മോടുകൂടെ അത്താഴം കഴിക്കുമെന്ന് യേശു നമ്മോടുകൂടെ ഇരുന്ന് കഴിക്കുമെന്ന് നമ്മുടെ കൂടെ എത്താഴം കഴിക്കുന്ന യേശു അന്ന് നമ്മളൂടെ പാർക്കുമെന്ന് അന്ന് ഒരു ദിവസത്തേക്ക് മാത്രമല്ല യേശു എല്ലാ കാലത്തും നമ്മെ വഹിക്കുമെന്ന് അവൻ നമ്മെ ചുമക്കുമെന്ന് ഇത്രയും കാലം നാം അനേകം ഭാരങ്ങൾ ചുമന്ന് വലഞ്ഞവരാണ് എന്നാൽ നമ്മെ ചുമക്ക എന്നൊക്കൊരു നാഥനുണ്ട് യേശു നമ്മെ ചുമക്കാമെന്നാണ് പറയുന്നത് യേശുവിന്റെ ആത്മാവ് നമ്മെ ഓഹിച്ചുകൊണ്ടുപോകാമെന്നാണ് പറയുന്നത് യേശുവിന്റെ ആത്മാവ് അതാണ് ഇവിടെ വായിച്ച ഭാഗത്ത് എണ്ണ എന്ന് ഉപജീവനം കഴിച്ചുകൊള്ളുക പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊള്ളുക പരിശുദ്ധാത്മാവ് നിറബടിയായി പ്രാപിച്ചുകൊള്ളുക പരിശുദ്ധാത്മാവിനെ പകരുന്ന കാലമാണ് പരിശുദ്ധാത്മാവിനെ ധാരാളമായി പകരുന്ന കാലമാണ് എണ്ണ പകരുന്ന കാലമാണ് ദൈവത്തിന്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ എണ്ണ പകർന്നുകൊണ്ടേയിരിക്കുകയാണ് ധാരാളം എണ്ണ പകരുന്നുണ്ട് യോഗയൽ പ്രവാചനപുസ്തകൻ രണ്ടാം അധ്യായത്തിൽ പറയും അന്ന് ഞാൻ സകലചടത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും യോഗേൽ പ്രവാചന പുസ്തകൻ രണ്ടാമധ്യായത്തിലെ ആ വാക്യങ്ങൾ അത് അപ്പസ്ഥല പ്രത്യേക പുസ്തകൻ രണ്ടാമധ്യായത്തിൽ അപ്പസ്ഥനായ പത്രോസ് ഉദ്ധരിക്കുന്നുണ്ട് യുവയിൽ പ്രവാചകൻ രണ്ടാം അധ്യായം അതിന്റെ ശേഷമോ ഞാൻ സകല ജടത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും കലചടത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും യൌവനക്കാർ ദർശനങ്ങളെ ദർശിക്കും ദാസന്മാരുടെ മേലും കൂടെ ദാസന്മാരുടെ മേലും കൂടെ ഞാൻ ആ എന്റെ ആത്മാവിനെ പകരം ഞാൻ ആ നാളുകളിൽ എന്റെ ആത്മാവിനെ പകരും സ്തോത്രം ദാസന്മാരുടെ മേലും കൂടെ ഞാൻ ആ നാളിൽ എന്റെ ആത്മാവിനെ പകരും ഞാൻ ആകാശത്തിലും ഭൂമിയിലും അത്ഭുതങ്ങളെ കാണിക്കും ആകാശത്തിൽ അത്ഭുതങ്ങളെ കാണിക്കും ഭൂമിയിൽ അത്ഭുതങ്ങളെ കാണിക്കും രക്തവും തീയും പുകത്തൂണും തന്നെ രക്തവും തീയും പുകയാവിയും തന്നെ പുകത്തൂണും തന്നെ യഹോവയുടെ വലുതും ഭയങ്കരവുമായുള്ള ദിവസം വരും മുമ്പേ ഹോവയുടെ വലുതും ഭയങ്കരമായ ദിവസം വരുന്നുണ്ട് സൂര്യൻ ഇരുളായും അന്ന് സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും എന്നാൽ ഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്ന രക്ഷിക്കപ്പെടും എന്നാൽ ഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്ന രക്ഷിക്കപ്പെടും പ്രിയപ്പെട്ടവരെ യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നുണ്ട് ഇന്ന് നീ എണ്ണവിറ്റുപജീവനം കഴിച്ചുകൊള്ളുക എണ്ണ നീ സമ്പാദിച്ചുകൊള്ളുക ആത്മാവിനെ ഈ പ്രാപിച്ചുകൊള്ളുക പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു റൂ കുതിശ പാറക്കലീത്ത എന്ന് പറയുന്ന ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിനെ ഇന്ന് നീ പ്രാപിച്ചുകൊള്ളുക പരിശുദ്ധാത്മാവിനെ ഉൾക്കൊള്ളുക രണ്ടായിരത്തിലേറെ വർഷം മുൻപ് സെഹിയൻ മാളികയിൽ കർത്താവ് യേശു ഉയർത്തെഴുന്നേറ്റ ദിവസം ശിഷ്യന്മാർ അമ്പരപ്പോടെ കൂടിയിരിക്കുകയായിരുന്നു യേശുരുടെ നടുവിലേക്ക് വന്നു യേശുരുടെ നടുവിൽ വന്ന് അവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു യേശുവിന് ഇരു ഉയർത്തി കാണിച്ചു നിങ്ങൾക്ക് സമാധാന െന്ന് പറഞ്ഞു അവടെ മുമ്പിൽ നിന്നിട്ട് യേശു അവരുടെ മേൽ ഊതി പരിശുദ്ധ പാവിനെ കൈക്കൊള്ളുവീൻ പറഞ്ഞു മനസ്സ് നൊന്ദിരുന്ന ശിഷ്യന്മാരുടെ നടുവിലേക്ക് വന്ന് അവരുടെ മേൽ ഊതി യേശു ഇന്ന് ഇന്ന് രാത്രി വചനങ്ങളെ കേട്ടുകൊണ്ട് മനസ്സുരുഗീ ഹൃദയം തകർന്ന് ഉള്ളു നാളെയോർ താകുലപ്പെട്ട് ഭീതിയിലും സംഭ്രാന്തിയിലുമായി വലഞ്ഞ് കടന്നു വന്നിരിക്കുന്ന എന്റെ ബഹുമാന്യ സഹോദരങ്ങളെ നിങ്ങളുടെ അരികത്ത് വന്ന് നിങ്ങളുടെ മേൽ ഊതു നിങ്ങളുടെ നേരെ ാണ് അന്ന് യേശു ഊതിയതുപോലെ ഇന്ന് നിങ്ങളുടെ മേൽ ഊതട്ടെ യേശു നിങ്ങളുടെ മേൽ ഊതുമ്പോൾ നിങ്ങളിലേക്ക് ആത്മാവ് കടന്നു വരട്ടെ എണ്ണ നിങ്ങളിലേക്ക് പകരട്ടെ പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് ഒഴുകട്ടെ പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് പകർന്നിട്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കൈക്കൊണ്ട് നിങ്ങൾ ആത്മാവിന്റെ സ്തുതിയോട് എഴുന്നേൽപ്പനിടയാകട്ടെ ആത്മാവിന്റെ ആരാധന ആരംഭിക്കട്ടെ ആത്മാവിന്റെ ആരാധനയുടെ സ്തുതിയുടെ മാധുര്യം നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഉയർന്നു യേശു നിങ്ങളിൽ ഇറങ്ങി വാഴട്ടെ യേശുവിന്റെ ആത്മാവ് നിങ്ങളിലേക്ക് പകരട്ടെ യേശുവിന്റെ ആത്മാവ് സ്നേഹത്തിന്റെ ആത്മാവാണ് യേശുവിന്റെ ആത്മാവ് വിശുദ്ധിയുടെ ആത്മാവാണ് യേശുവിന്റെ ആത്മാവ് സമാധാനത്തിന്റെ ആത്മാവാണ് യേശുവിന്റെ ആത്മാവ് ശക്തിയുടെ ആത്മാവാണ് യേശു യേശുവിന്റെ ആത്മാവ് ധൈര്യത്തിന്റെ ആത്മാവാണ് യേശുവിന്റെ ആത്മാവ് ജീവന്റെ ആത്മാവാണ് യേശുവിന്റെ ആത്മാവ് പ്രകാശത്തിന്റെ ആത്മാവാണ് യേശുവിന്റെ ആത്മാവ് ലോക സൗഖ്യത്തിന്റെ ആത്മാവാണ് ദൈവത്തിന് സ്തോത്രം നിങ്ങൾ പലരും രോഗികളാണല്ലേ നിങ്ങൾ പലരും മനസ്സിൽ നൊന്നിരിക്കുകയാണല്ലേ എന്റെ ദൈവത്തിന്റെ സ്തോത്രം ഞാന് ചിന്തിച്ചതാണ് ദൈവദാസൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്റെ മനസ്സിൽ കൂടി ഒരു ചിന്ത പാഞ്ഞുപോയി വന്നിരിക്കുന്നതില് നല്ലൊരു ഭാഗം ആളുകൾ മനോരോഗികളാണെന്ന് അതെന്താണ് അങ്ങനെ ചിന്തിക്കാൻ കാരണം യാതെനിക്കറിയാൻ പാടില്ല പക്ഷെ എന്റെ കർത്താവ് എന്തു പറഞ്ഞു മന ഒന്നോ രണ്ടോ പേരല്ല അനേകരനേകര് മാനസികമായി തകർന്നവരാണ് മനോരോഗം ബാധിച്ചവരെ പോലെ സംഭ്രാന്തി വന്ന് ആത്മഹത്യ ചെയ്താൽ മതിയെന്നോർത്ത് മരിച്ചാൽ മതിയെന്നോർത്ത് വിഷമിച്ചു വന്നവരിപ്പുണ്ട് ജീവിക്കാൻ ആശയില്ലാത്തവര് എല്ലാം തകർന്നു എന്ന് പറഞ്ഞ് എല്ലാം എല്ലാ സന്തോഷങ്ങളും പോയി എനിക്കൊരു നല്ല കാലം കിട്ടുകയില്ല എന്ന് പറഞ്ഞ് ഭാവി ഇരുളടഞ്ഞു എന്ന് പറഞ്ഞ് അനേക രംഗം വന്നിരിക്കുന്നുണ്ടെന്ന് എന്റെ കരുണയുള്ള കർത്താവിനോട് സംസാരിച്ചു ദൈവത്തിന്റെ സ്തോത്രം ദൈവത്തിന്റെ വലിയ നാമം മുഹത്തുപെടട്ടെ കർത്താവിനോട് പറഞ്ഞു മോനെ നീ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം ഈ ജനത്തെ നീ പഠിപ്പിക്കുക ഹാലറോഹ്യ ദൈവത്തിന്റെ സ്തോത്രം ആത്മാവിന്റെ പ്രമാണം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് സുബോധം ലഭിക്കും ഹാലോഹ്യ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ മനോഹരോഗങ്ങൾ മാറും മനോവിടുത്തു ്രാന്തികൾ മാറും മാനസിക വൈകല്യങ്ങൾ മാറും ബുദ്ധി കുറവുകൾ മാറും നിങ്ങളുടെ ക്ഷീണങ്ങൾ മാറും നിങ്ങളുടെ വാട്ടങ്ങൾ മാറും നിങ്ങളുടെ നിരാശകൾ മാറും നിങ്ങളുടെ ജീവിതത്തിൽ ഡിപ്രഷൻ മാറും നിങ്ങളുടെ ജീവിതത്തിൽ ടെൻഷൻ മാറും നിങ്ങളുടെ ജീവിതത്തിലെ കൺഫ്യൂഷൻ മാറും നിങ്ങളുടെ ജീവിതത്തിലെ ദുരിതങ്ങൾ മാറും നിങ്ങളുടെ ഹൃദയത്തിന്റെ കെട്ടുറപ്പ് കിട്ടും നിങ്ങൾക്ക് മാനസികമായി ബലം ലഭിക്കും മാനസികമായ ശക്തി ലഭിക്കും സംശയ രോഗങ്ങൾ മാറും പ്രിയപ്പെട്ടവരെ സംശയ രോഗങ്ങൾ ഭാര്യയെ സംശയിക്കുന്നു കാരണമില്ലാതെയാണ് സംശയിക്കുന്നത് ഭർത്താവിനെ സംശയിക്കുന്നു കാരണമില്ലാതെയാണ് സംശ സംശയിക്കുന്നത് സംശയ രോഗങ്ങൾ മാറും അത് രോഗമാണ് അതൊരു മാനസിക വിഭ്രാന്തിയാണ് മകനെയേ നിന്റെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ നടക്കും യേശു ഊതുവാൻ നിൽക്കുകയാണ് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവേനെന്ന് പറഞ്ഞുകൊണ്ട് യേശു വന്ന് നിൽക്കുകയാണ് നിങ്ങൾ വളരെ ദൂരെ ഇരിക്കുന്നവരെന്ന് എനിക്ക് കാണാൻ വയ്യ ദൈവത്തിന് സ്തോത്രം നിങ്ങളുടെ മുഖം എനിക്ക് തിരിച്ചറിയാൻ പാടില്ല എന്റെ സഹോദരങ്ങളെ ഞാൻ പറയട്ടെ നിങ്ങളുടെ മുഖം തിരിച്ചറിയാവുന്ന ഒരാൾ നിങ്ങളുടെ അരിഹത്ത് നിൽപ്പുണ്ട് എന്റെ ദൈവത്തിന് സ്തോത്രം നിങ്ങളുടെ മുഖം തിരിച്ചറിയാവുന്നയാൾ ആ ജീവനുള്ള യേശുവിന് നിങ്ങളുടെ മുഖം മാത്രമല്ല തിരിച്ചറിയാവുന്നത് നിങ്ങളുടെ ഹൃദയവും കൂടി തിരിച്ചറിയാം നിങ്ങളുടെ തലച്ചോറിന്റെ സ്ഥിതി തിരിച്ചറിയാം നിങ്ങളുടെ നെർവസ് കംപ്ലയിന്റ് തിരിച്ചറിയാം നിങ്ങളുടെ നിങ്ങളുടെ ആമാശയത്തിന്റെ കേട് തിരിച്ചറിയാം ദൈവവൈദലെ നിന്റെ ജീവിതത്തിലെ ക്യാൻസർ രോഗം എവിടെയാണെന്ന് അവനറിയാം നിന്റെ രക്തത്തിന്റെ കേടുകൾ അവനറിയാം ദൈവത്തിന്റെ സ്ത്രോത്രം നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന ഈ ആദനകൾ അവനറിയാം നിന്റെ ദുഷ്ടിമുട്ടുകൾ അവനറിയാം നിന്റെ പ്രശ്നങ്ങൾ അറിയാം നിന്റെ കടത്തിന്റെ ബാധ്യതകളറിയാം കടത്തിന്റെ കേടിൽ നീ പിഴയുന്നവനറിയാം ഈ നാളെ എങ്ങനെയാ നോർത്താൽ നീ വലയുന്നതവനറിയാം നിന്റെ മക്കളെക്കുറിച്ചുള്ള ആഹ്ലാദികളവനറിയാം മക്കളെക്കുറിച്ച് നീ നൊമ്പരപ്പെട്ട് കരയുന്നവനറിയാം അവനെല്ലാം അറിയുന്നു മകനെ അവൻ അരികത്ത് നിൽക്കുന്നുണ്ട് അവന് നീ മറഞ്ഞിരിക്കുന്നില്ല നീ എവിടെ ഒളിഞ്ഞിരുന്നാലും യൗവനക്കാര് യേശു നിന്നെ കാണുന്നുണ്ട് യേശു അരികത്ത് വന്നിട്ടുണ്ട് യേശു തന്റെ ആത്മാവിന് മേൽ ഊതുന്നുണ്ട് ആത്മാവിന്റെ മേൽ ഊതിക്കൊണ്ടിരിക്കുകയാണ് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളി എന്റെ ദൈവത്തിന് സ്തോത്രം ഒരു സ്ത്രീ അവൾ വീധവയാണ് അവൾ വീധവയാണ് ഭർത്താവ് മരിച്ചുപോയി പക്ഷേ അവർ കുടുംബമായി കൂട്ടായ്മയിൽ വരുന്നവരായിരുന്നു കൂട്ടായ്മയിൽ വരുന്നവരാണ് കൂട്ടായ്മയിൽ വരുന്നവരാണ് ഭർത്താവ് നല്ല ഉത്സാഹമുള്ള ആത്മീയനായിരുന്നു എല്ലാ കൂട്ടായ്മക്കാരൻ ഭക്തനായിരുന്നു യഹോഭക്തനായിരുന്നു പക്ഷേ എത്ര പെട്ടെന്നാണ് വീട്ടിൽ അത്യാഹിതം വന്നത് ഇപ്പൊ യഹോഭക്തനോട് വീട്ടിൽ അത്യാഹിതം വരുമോ വരാം വരാം രോഗം വരുമോ തീർച്ചയായും വരാം പ്രശ്നങ്ങൾ വരുമോ വരാം ആ വീട്ടിൽ പ്രശ്നം വന്നു ആടും തൂണുമായി കുടുംബത്തിന്റെ തലയായ ആ വീട്ടിലെ ഗ്രഹനായകൻ മരിച്ചുപോയി അന്ന് കൂട്ടായ്മയിൽ ആത്മാവിന് നിറവുള്ളവര് ദൈവദാസനുണ്ടായിരുന്നു ആത്മാവിന് നിറവുള്ള ദൈവദാസന അതാണോ പ്രിയപ്പെട്ടവരെ നിങ്ങൾ പറയട്ടെ നിങ്ങളുടെ ദേശത്തെല്ലാം ആത്മനിറവുള്ളവരായി നിങ്ങൾ നിൽക്കണം ദൈവത്തിന് സ്തോത്രം വേദനിക്കുന്ന സെല്ലാം ആ നിങ്ങളുടെ ഓഫീസിൽ ആത്മനിറവുള്ളവരായി നിങ്ങൾ നിൽക്കണം നിങ്ങളുടെ ദേശത്ത് ആത്മ നിറവുള്ളവരായി നിങ്ങൾ നിൽക്കണം നിങ്ങളുടെ വീട്ടിൽ ആത്മനിറവുള്ളവരായി നിങ്ങൾ നിൽക്കണം ആത്മാവിന്റെ അഭിഷേകമുള്ളവരായി നിങ്ങൾ നിൽക്കണം പ്രിയപ്പെട്ടവരെ ആത്മാവിന്റെ അഭിഷേകം ദൈവത്തിന് സ്തോത്രം ആത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തി ധന്യതയുള്ളവരായി നിങ്ങൾ നിൽക്കണം ആ കൂട്ടായ്മയിൽ ആത്മനിർവുള്ള ഒരാളുണ്ടായിരുന്നു അത് ഒരു പ്രവാചകനായിരുന്നു ദൈവത്തിന്റെ പ്രവാചകനാണ് യഹോവയുടെ പ്രവാചകൻ അദ്ദേഹത്തിന്റെ പേര് എലീശ എന്നാണ് എലീശ പ്രവാചകൻ പ്രവാചകന്റെ അടിയിലേക്ക് ഈ വിധവയായ സ്ത്രീത്തോടെ വന്നു സങ്കടത്തോടെ വന്നു ഒന്ന് വായിച്ചേ നാലിന്റെ ഒന്നു മുതൽ പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി നിലവിളിച്ചു നിന്റെ ദാസനായ ഭർത്താവ് മരിച്ചുപോയി ഓ എങ്ങനെയാണ് പറഞ്ഞത് പാവം തൊണ്ടയിടറിക്കാണില്ലേ തൊണ്ട ഇടറി കാണും കണ്ണ് ഇങ്ങനെ നിറഞ്ഞ് തുളുമ്പി നിൽക്കുകയായിരിക്കും അങ്ങനെയൊക്കെയാണ് ഞാൻ ഭാവനയിൽ കാണുന്നത് ആ സാധു സ്ത്രീ അവൾ തൊണ്ട ഇടറിക്കൊണ്ട് ഏങ്ങൽ അടിച്ചുകൊണ്ട് പറയുകയാണ് നിന്റെ നിന്റെ ദാസനായ എന്റെ ഭർത്താവ് മരിച്ചുപോയി അവൻ യഹോഭക്തനായിരുന്നു നിനക്ക് അറിയാമല്ലോ അടുത്ത വാക്യം വെച്ച് നിന്റെ ദാസൻ യഹോഭക്തനായിരുന്നുവെന്ന് നിനക്കറിയാമല്ലോ നിന്റെ ദാസനായ എന്റെ ഭർത്താവ് മരിച്ചുപോയി നിനക്കറിയാമല്ലോ അവൻ യഹോഭക്തനായിരുന്നുവെന്ന് അക്കാര്യം നിനക്കറിയാമല്ലോ എന്നാൽ എനിക്കൊരു കാര്യം നിന്നോട് പറയാനുണ്ട് ഒരാവലാധി പറയാൻ വന്നതാണ് ഒരാവലാധി പറയാൻ ഒരു പ്രശ്നം പറയാൻ വന്നതാണ് ദൈവത്തിന്റെ സ്തോത്രം ദൈവത്തിന്റെ വലിയ നാമം മുഖത്തപ്പെട്ട് ഞാൻ ആശിക്കുന്നത് നിങ്ങളോട് പറയാം നാനാദേശത്ത് വന്നവരോട് ഇരിപ്പുണ്ടല്ലോ നിങ്ങൾ ഓരോരുത്തരുടെ അടുത്തലും ചില യാതനകളുടെ ദുരിതക്കെട്ടുകളും പേറി ആരെങ്കിലുമെല്ലാം വന്ന് നിങ്ങളോട് ഒന്ന് ഉള്ളു തുറന്ന് പറയാൻ നിങ്ങൾ ആ ദേശത്ത് ആത്മനിർവ്വഹകനായി നിന്നാൽ നല്ലതാണ് നിങ്ങൾ ആത്മനിർവുള്ളവരായി ഇന്നാൽ നല്ലതാണ് നിന്റെ ദാസനായ എന്റെ ഭർത്താവ് മരിച്ചുപോയി നിന്റെ ദാസൻ യഹോഭക്തനായിരുന്നു എനിക്കറിയാമല്ലോ അവൾ പറഞ്ഞു തുടങ്ങിയത് എങ്ങനെയാണ് ശിഷ്യന്മാരുടെ ഭാര്യമാരിലൊരുത്തി യലീശയോട് നിലവിളിച്ചു നിലവിളിച്ചു കൊണ്ടാവെന്ന് പറയുന്നത് നിലവിളിച്ചുകൊണ്ടാണെന്ന് പറയുന്നത് പാവം ആ സ്ത്രീ ഇങ്ങനെ കണ്ണീരോടെ പറയുകയാണ് മരിച്ചുപോയി എന്റെ ഭർത്താവ് മരിച്ചുപോയി നിന്റെ ദാസനായിരുന്നു നിന്റെ ഈ കൂട്ടായ്മയിൽ ചേർന്ന് നടക്കുന്നവനായിരുന്നു നിന്റെ ശിഷ്യനായി നടന്നവനായിരുന്നു അവൻ യഹോവാഭക്തനായി നിനക്ക് അറിയാമല്ലോ എന്നാൽ ഇപ്പോൾ എനിക്കൊരു പ്രശ്നം വന്നിരിക്കുകയാണ് എന്താണത് ഇപ്പോൾ കടക്കാരൻ എന്ന രണ്ട് മക്കളെ പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നുവെന്ന് പറഞ്ഞു ഞാൻ ഈ രണ്ട് കൊച്ചുങ്ങളെയും കൂട്ടിക്കൊണ്ടുകൊണ്ട് വന്നതേ ഇനി ഞങ്ങൾ തിരിച്ചു ചെല്ലുമ്പോഴേക്കും പ്രശ്നമുണ്ട് എന്ന് എനിക്കറിയാം വീട്ടിലേക്ക് തിരിച്ചെല്ലാൻ നിർവാഹമില്ല കടക്കാരൻ ഒന്ന് നിൽക്കുകയാണ് നിന്റെ ദാസനായി എന്റെ ഭർത്താവ് കുറെ അധികം രൂപ കടമുള്ളവനായിരുന്നു അദ്ദേഹം കടന്നുപോയി ഇപ്പോൾ കടം തീർക്കാൻ എന്റെ കയ്യിൽ വകയില്ല ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല കടം തീർക്കാൻ മാർഗമില്ല അതുകൊണ്ട് എന്റെ ഈ മക്കളെ രണ്ടുപേരെയും കടം കിട്ടേണ്ടയാള് രൂപ കിട്ടേണ്ടയാള് പിടിച്ചുകൊണ്ടു വരാൻ അടിമയായി പിടിച്ചുകൊണ്ടുപോകാൻ വന്നിരിക്കുകയാണ് ഞാനെന്താ ചെയ്യേണ്ടത് എന്താ എനിക്കൊരു പരിഹാരം അവളൊന്ന് ഏങ്ങലടിച്ചുകൊണ്ട് പറയുകയാണ് പ്രവാചകൻ ചോദിച്ചു എലീസ അവളോട് ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം പറക വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു ദൈവത്തിന് സ്തോത്രം മോളെ നിന്റെ കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്യാനാണ് എനിക്കെന്തോ ചെയ്യാൻ പറ്റും എന്റെ കൈയിൽ പൈസ ഇല്ലല്ലോ പൈസ സഹായിക്കാൻ എന്റെ ഞാനൊരു പാവം ദേവദാസനല്ലേ ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം നീ പറ നീ പറഞ്ഞേ ഞാൻ നിനക്ക് എന്ത് ചെയ്യണം ഞാൻ എന്തെങ്കിലും ചെയ്തു തരാൻ പറഞ്ഞാൽ എന്റെ കയ്യിൽ വകയില്ലല്ലോ ഞാൻ നിനക്ക് എന്ത് ചെയ്യണം പറക ചോദിക്കട്ടെ ആ ടൈം നിന്റെ വീട്ടിലെന്തുണ്ട് നിനക്കെന്തെങ്കിലും ഉണ്ടോ വീട്ടിലെന്തുണ്ട് മറുപടി ഒരു ഭരണി എണ്ണയല്ലാതെ അടിയന്റെ വീട്ടിൽ മറ്റൊന്നുമില്ല ഒരു ഭരണിയാതെ മറ്റൊന്നുമില്ല ഒന്നുമില്ല ഒരു ഭരണി എണ്ണ മാത്രം പറഞ്ഞു എന്ന് അവൾ പറഞ്ഞു അതിന് അവൻ നീ ചെന്ന് നിന്റെ അയൽക്കാരോടൊക്കെയും വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുക പാത്രങ്ങൾ കുറവായിരിക്കരുത് പിന്നെ നീയും നിന്റെ മക്കളും അകത്ത് കയറി വാതിലടച്ച് പാത്രങ്ങളിലൊക്കെയും പകർന്ന് നിറഞ്ഞത് നിറഞ്ഞത് ഒരു ഭാഗത്തെ മാറ്റിവെക്കുക എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു പ്രവാചകൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ് നീയെ വീട്ടിൽ ചെന്നിട്ട് അയൽക്കാരോടൊക്കെ വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുക എന്നിട്ട് ആ ഒരു ഭരണിയിൽ എണ്ണയുണ്ടല്ലോ അതാ പാത്രങ്ങളിലേക്ക് പകരുക പകർന്നോളൂ ഇവളമ്പരപ്പോടെ കേൾക്കുകയാണ് അതിങ്ങനെയാ ഒരു ഭരണി എണ്ണ പാത്രങ്ങളിലെല്ലാം പകരാനുണ്ടാവുന്നത് ഒരു ഭരണി എണ്ണയല്ലേ ഉള്ളൂ അവൾക്ക് ചിന്താ കാരണം അവൾക്കറിയാം ഈ പ്രവാചകൻ യഹോവയുടെ പ്രവാചകനാണ് ഈ പ്രവാചകൻ യഹോവയുടെ അഭിഷിക്തനാണ് ഈ പ്രവാചകൻ ദൈവത്തിന്റെ ആത്മാവും നിറഞ്ഞു നിൽക്കുകയാണ് പ്രവാചകനിൽ നിന്നൊരു വാക്ക് വന്നാൽ നല്ലതാണ് ഈ പ്രവാചകന്റെ നാവിൽ കൂടി ഒരു വാക്ക് കിട്ടിയാൽ വാസ്തവത്തിൽ അത് അനുഗ്രഹത്തിന്റെ കാരണമാണ് അനുഗ്രഹത്തിന്റെ നിറകൂടമാണ് ബോധ്യമുള്ളതുകൊണ്ട് അവൾ ഒന്നും ഇണ്ടാ നിൽക്കുകയാണ് നീ പോയി വെറും പാത്രങ്ങളൊക്കെയും വായ്പ വാങ്ങുക പാത്രങ്ങൾ കുറവായിരിക്കരുത് ും നിന്റെ മക്കളും അകത്ത് കയറി വാതിലടച്ച് പാത്രങ്ങളിലൊക്കെയും പകർന്ന് നിറഞ്ഞത് നിറഞ്ഞതൊരു ഭാഗത്ത് മാറ്റിവെക്കുക എന്ന് പറഞ്ഞു അടുത്ത വാക്യം അവൾ അവനെ വിട്ടു ചെന്ന് തന്റെ മക്കളോടുകൂടി അകത്ത് കിടന്ന് വാതിലടച്ചു അവർ അവളുടെ അടുക്കൽ പാത്രങ്ങളെ വെച്ചു അവൾ പകരുകയും ചെയ്തു പാത്രങ്ങൾ നിറഞ്ഞ ശേഷം അവൾ തന്റെ മകനോട് ഇനിയും പാത്രം കൊണ്ടുവരിക പറഞ്ഞു രണ്ട് മക്കളുണ്ട് ഒരു മകൻ പാത്രം അങ്ങോട്ട് നീക്കിവയ്ക്കും വെറും പാത്രങ്ങൾ ധാരാളം കിട്ടിയിട്ടുണ്ട് മുറിയിൽ നിറയെ പാത്രങ്ങൾ വാതിലെല്ലാം അടച്ചിരിക്കുന്നു അകത്തെന്താണ് നടക്കുന്നവർ അറിയുന്നില്ല മുറിയിൽ നിറയെ പാത്രങ്ങളുണ്ട് ഒരു മോൻ പാത്രം അമ്മയുടെ ഇടയ്ക്കി നീക്കിവെക്കും അമ്മ ഭരണിയിൽ നിന്ന് പാത്രത്തിലേക്ക് എണ്ണ പാത്രം നിറഞ്ഞു നിറയുമ്പോൾ മറ്റേ മോൻ ആ പാത്രം അങ്ങോട്ട് മാറ്റിവെക്കും ഉടനെ ഈ മകൻ ഈ വെറും പാത്രം നീക്കിവെക്കും അമ്മ അതിൽ നിറയ്ക്കും ഇങ്ങനെ എത്ര പാത്രം നിറച്ചിട്ടും എണ്ണ തീരുന്നില്ല എണ്ണ കുറയുന്നില്ല പ്രിയപ്പെട്ടവരെ ഈ രാത്രി ചരിത്രം ആവർത്തിക്കട്ടെ എന്ന് ഞാൻ ആശിക്കുകയാണ് പകർന്നാലും പകർന്നാലും കുറയാതെ നിങ്ങളുടെ പാത്രങ്ങളിലെണ്ണ പകർന്നു തരാൻ കരുണിയുള്ള കർത്താവിന്ന് നിങ്ങളുടെ അരികത്തേക്ക് എഴുന്നള്ളി വന്നിരിക്കുകയാണ് ഗോകുൽത്തായിൽ തിരുമാറു തുറന്നവൻ ചോരയും നീരും ഒഴുക്കിയവൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ പകർന്നു തരാനായി ഇന്ന് ഇതാവ് വന്നിരിക്കുകയാണ് പാത്രം നീക്കി കൊടുത്തുകൊള്ളുക വെറും പാത്രങ്ങൾ നീക്കി വെച്ച് കൊടുത്തുകൊള്ളുക ഭർത്താവേ ഇത് വെറും പാത്രമാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നതെല്ലാം വിധാ ശൂന്യമാക്കിയിരിക്കുന്നു ഇതിനകത്ത് ചിലതെല്ലാം ഉണ്ടായിരുന്നു കുറച്ച് കോപം ഉണ്ടായിരുന്നത് മാറ്റി ഈ ഹൃദയത്തിൽ കുറച്ച് നീരസം ഉണ്ടായിരുന്നത് മാറ്റി ഈ ഹൃദയത്തിൽ കുറച്ച് കയ്പുണ്ടായിരുന്നത് മാറ്റി ഈ ഹൃദയത്തിൽ കുറച്ച് അഹങ്കാരം ഉണ്ടായിരുന്നത് മാറ്റി ഈ ഹൃദയത്തെ കുറച്ച് ദിവ്യാഗ്രഹം ഉണ്ടായിരുന്നത് മാറ്റി ഈ ഹൃദയത്തിൽ ചെല്ലോടുള്ള പകയുണ്ടായിരുന്നത് മാറ്റി എന്റെ ദൈവമേ ഈ ഹൃദയത്തിൽ പുറത്തു പറയാൻ ലജ്ജിക്കുന്ന ചില അശുദ്ധ മോഹങ്ങളുണ്ടായിരുന്നതു മാറ്റി എന്റെ യേശുവെ ഈ ഹൃദയത്തിലുള്ള പലതും പലതുമുണ്ടായിരുന്നതെല്ലാം മാറ്റി വെറും പാത്രമാക്കി ഞാൻ ഇതാ മാറ്റിവെക്കുന്നു ഈ വെറും പാത്രം ഇത് അതിന്റെ സന്നിധിയിലേക്ക് മാറ്റിവെക്കുന്നു പാത്രത്തിൽ എണ്ണ പകരുകയാണ് എണ്ണ പകരുന്നത് പകരുന്നത് പാത്രം നിറയുകയാണ് ഒരു ഭരണിയിൽ എണ്ണയുണ്ട് എണ്ണ എണ്ണയുള്ള ഭരണിയിൽ നിന്ന് വെറും പാത്രത്തിലേക്ക് പകരുകയാണ് പകരുന്നത് പകരം എന്നത് മാറ്റിവയ്ക്കുകയാണ് ഹലോയ്യ എന്റെ പ്രിയപ്പെട്ടവര് എന്താണ് സംഭവിക്കുന്നത് അതാണിപ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ദൈവത്തിന് സ്തോത്രം എല്ലാ പാത്രങ്ങളും നിറച്ച് നിറച്ച് മാറ്റിവെച്ചു എന്റെ ദൈവത്തിന് സ്തോത്രം പാത്രങ്ങളെല്ലാം നിറച്ച് അതാത് ദേശത്തേക്ക് പോകാൻ പോകുകയാണ് ദേശത്തേക്ക് ദേശത്തേക്ക് പാത്രങ്ങളും പോവുകയാണ് വെറും പാത്രങ്ങൾ നീക്കിവെക്കും മകനെ വെറും പാത്രങ്ങൾ നീക്കിവെക്കും മകളെ ദൈവത്തിന് സ്തോത്രം പാത്രങ്ങൾ നീക്കിവെച്ചു എല്ലാം എല്ലാം നിറച്ചു എത്ര നിറച്ചിട്ടും ഭരണിയിലെ എണ്ണ കുറയുന്നില്ല ഇത് കുറയുന്ന എണ്ണയല്ല ഈ ഭരണി വച്ചുന്ന എണ്ണയല്ല ഗോകുൽത്തായിലെ ഭരണി വച്ചുകയില്ല കാൽവറി തറവാട്ടിലെ ഭരണി വെച്ചുകയില്ല കാൽവരി വലയിലെ രാജാധിരാജന്റെ ഭരണി വെച്ചുകയില്ല അവന്റെ സ്നേഹത്തിന്റെ ഹൃദയം വച്ചുകയില്ല എത്ര പകർന്നാലും തീരുകയില്ല ആരെല്ലാം പകർന്നെടുത്താലും തീരുകയില്ല ഏത് കൊടുംബാവിക്കും പകരം വെറും പാത്രമായി വന്നാൽ മതി ഒന്നുമില്ല കർത്താവേ മാനിക്കാനൊന്നുമില്ല എന്റെ ദൈവമേ പ്രശംസിക്കാനൊന്നുമില്ല പോഴാനൊന്നുമില്ല ആശ്രയിക്കാനൊന്നുമില്ല പറഞ്ഞുകൊണ്ട് നിങ്ങൾ എളിവപ്പെട്ടുകൊണ്ട് നിങ്ങൾ വരുവീൻ വെറും പാത്രങ്ങളായി വരുവീൻ കഴിഞ്ഞതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് വരുവീൻ ഉള്ളതെല്ലാം മാറ്റിക്കൊണ്ടുവരുവൻ സകല പാപത്തോട് യാത്ര പറഞ്ഞുകൊണ്ട് വരുവീൻ പാത്രം നീക്കിവെക്കുവീൻ എണ്ണ പകരട്ടെ പ്രിയരെ സ്വർഗീയ എണ്ണ പകരട്ടെ പരിശുദ്ധാത്മാവിനെ പകരട്ടെ ആത്മാവിന്റെ എണ്ണ പകരട്ടെ ദൈവത്തിന് സ്ത്രോത്രം പാത്രങ്ങളെല്ലാം നിറഞ്ഞു എല്ലാം നിറഞ്ഞു ഇനിയും ഭരണിയിലെണ്ണയുണ്ട് പാത്രം കൊണ്ടുപോവാ അമ്മയെ പാത്രം തീർന്നല്ലോ പാത്രം തീർന്നല്ലോ പാത്രം തീർന്നു എന്ന് പറഞ്ഞപ്പോൾ എണ്ണ ദൈവത്തിന് സ്തോത്രം ഒഴുക്ക് നിലച്ചു സ്തോത്രം ദൈവമക്കളേ തീർന്നു എന്ന് പറയരുത് തീർന്നു എന്ന് പറയാനിട വരുത്തരുത് പിന്നെയും പിന്നെയും പാത്രങ്ങൾ കൊണ്ടുവരൂ എനിക്കറിയാം ഇവിടെ ഇരിക്കുന്ന അനേകം അനേകം ദൈവമക്കൾ നാടായ നാടെല്ലാം കയറി ഇറങ്ങി ഓരോ വീട്ടിലും കയറി ഇറങ്ങി അനേകർ അനേകരെ സ്വീകരിച്ചു അനേകർ സന്തോഷത്തോടെ കൈക്കൊണ്ടു അനേകർ ഇന്ന് കടന്നു വന്നു കഴിഞ്ഞ ദിവസങ്ങളിലും കടന്നു വന്നു എന്തിനാണെന്നറിയാമോ ഈ എണ്ണ പകർന്നു മേടിച്ചുകൊണ്ട് പോകാനാണ് ആ കാര്യം ക്ഷണിക്കാനാവരെല്ലാം വീടുകളിൽ വന്നത് ഒരു ഭരണിയുണ്ട് അത് ഗോകുൽത്തായലെ ഭരണിയാണ് ഗോകുൽത്തായലെ ഭരണി നിറച്ചുണ്ട് എത്ര പേർക്ക് കുറയില്ല നിങ്ങൾ വന്നാൽ നിങ്ങൾക്കും പകർന്ന് മേടിച്ചുകൊണ്ട് പോകാം പാത്രത്തിൽ എണ്ണ പകർന്നുകൊണ്ട് പോകാം എന്ന് പറഞ്ഞാണ് വിളിച്ചത് ദൈവത്തിന് സ്തോത്രം വന്നു നിങ്ങൾ പകർന്നുകൊണ്ട് പോവുക എന്റെ കർത്താവിന് സ്തോത്രം പകരാൻ പറ്റാതെ വരുന്നത് ആർക്കാണെന്നറിയാമോ പാത്രം വെറും പാത്രമാക്കാത്തവർക്ക് പകരാൻ പറ്റുകയില്ല വെറും പാത്രമാക്കുക ഉള്ളതെല്ലാം അകത്തുള്ളതെല്ലാം ദുഷ്ടതയെല്ലാം മാറ്റിക്കളയുകൂരതയെല്ലാം മാറ്റിക്കളയുക തന്നിഷ്ടമെല്ലാം മാറ്റിക്കളയുക മാറ്റിക്കളയുക മൊബൈൽ ഫോണിലെ മൊബൈലിലെ ചീത്ത മെസ്സേജസ് മാറ്റിക്കളയുക അഴുക്ക് ഹെസ്എംഎസ് മെസ്സേജസ് മാറ്റിക്കളയുക അഴുക്ക് ബന്ധങ്ങൾ മാറ്റിക്കളയുക ചീത്ത പ്രേമബന്ധങ്ങൾ മാറ്റിക്കളയുക കാമഭ്രാന്തികൾ മാറ്റിക്കളയുക മദ്യപാനാസക്തികൾ മാറ്റളയുക കഞ്ചാവും മയക്കുമരുന്നും മാറ്റളയുക ദൈവത്തിന് സ്തോത്രം പ്രിയപ്പെട്ടവരെ വെറും പാത്രമായി വരിക വെറും പാത്രങ്ങൾ എണ്ണ നിറയട്ടെ പ്രിയപ്പെട്ടവരെ എണ്ണ നിറയട്ടെ എണ്ണ നിറഞ്ഞു നാം വായിക്കുന്നെന്താണ് അപ്പോൾ എണ്ണ നിന്നുപോയി അടുത്ത വാക്യം അവൾ ചെന്ന് ദൈവപുരുഷനോട് വസ്തുത അറിയിച്ചു നീ പോയി എണ്ണ വിറ്റ് കടം വീട്ടി ശേഷിപ്പ് കൊണ്ട് നീയും മക്കളും ഉപജീവനം കഴിച്ചു നീ പോയി എണ്ണ കടം വീട്ടി ശേഷിപ്പൊണ്ട് നീ നിന്റെ മക്കളും ഉപജീവിച്ചു കൊള്ളുക കൊണ്ടുപോവില്ല നിന്റെ മക്കളെ ആരും അവഹരിച്ചുകൊണ്ട് പോവില്ല ഈ എണ്ണ പകർന്നുകൊണ്ട് നിന്റെ മക്കളെ ആരും അവഹരിക്കുകയില്ല ഒരു പ്രേമക്കുരുപ്പിലും രജിസ്ട്ര ഈ നിന്റെ മക്കൾ നഷ്ടപ്പെട്ടു പോവുകയില്ല ഈ ഹോസ്റ്റലിൽ നിന്റെ മക്കൾ വലയേണ്ടി വരികയില്ല സ്തോത്രം എന്താണ് കാരണം ഈ എണ്ണവിറ്റ് ഉപജീവനം കഴിക്കാനുള്ള വക തന്നാണ് വിടുന്നത് ഈ എണ്ണവിറ്റ് കഴിച്ചുകൊള്ളുക പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊണ്ട് നീ ചെന്ന് ഈ എണ്ണവിറ്റ് കടം വീട്ടി കടം വീട്ടാനുള്ള തരുന്നത് എങ്ങനെ ഈ കടം വീട്ടുക ഏതാ കടമെന്നറഞ്ഞിട്ടില്ലേ കടം വീട്ടാൻ നിങ്ങൾ പറയും സാറി ഒരുപാട് കടമുണ്ട് കുറച്ചൊന്നുമല്ല അത് എന്റെ വീട്ടിലുള്ള ഭൂമി മുഴുവൻ കൊടുത്താലും തീരില്ല എല്ലാം വിറ്റാലും തീരില്ല അങ്ങനത്തെ കടമാണ് അതുകൊണ്ട് ശരി പക്ഷെ ഏറ്റവും വലിയ കടം ഏതാണെന്ന് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണേ അനേകരുടെ ജീവിതത്തിൽ സ്നേഹിതരെ എല്ലാവരുടെയും ജീവിതത്തിൽ കടങ്ങളുണ്ട് പാപങ്ങളുണ്ട് എന്റെ ദൈവത്തിന്റെ സ്ത്രോത്രം കടങ്ങളും പാവങ്ങളും പ്രകടമായ പാവങ്ങളില്ലാത്തവരുണ്ട് എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാവരും പ്രകടമായ പാവമുള്ളവരല്ല എല്ലാവരും മദ്യപാനത്തിൽ അങ്ങ് ലയിച്ചു പോകുന്നവരാണോ എന്നെനിക്ക് തോന്നുന്നില്ല അല്ലല്ലോ അല്ല നിങ്ങൾ ഇപ്പം നമസ്കാരമുള്ളവരല്ലേ അനേകം പേരുമാണ് നിങ്ങൾ പള്ളിയിൽ പോകുന്നവരല്ലേ തീർച്ചയായിട്ടും ആണ് ഞാനും പള്ളിയിൽ പോകുന്ന ആളാണല്ലോ സഹോദരങ്ങളെ പറയട്ടെ നിങ്ങൾ നിങ്ങളുടെ സഭകളില്ലേ നിങ്ങൾ ഏത് സഭയിൽ നിൽക്കുന്നു അവിടെ പള്ളിയിൽ പോകുന്നു അതൊക്കെ ചെയ്യുന്നവരാണ് നിങ്ങൾ ആത്മീയ പ്രവർത്തനങ്ങളില്ലേ സാധിക്കുന്നവരൊക്കെയുണ്ട് ഇനി എന്താണ് അങ്ങനെ പ്രകടമായി പാവം എന്ന് എന്തെങ്കിലും ഉണ്ടോ ആരെങ്കിലും അപകരിച്ചെടുക്കാൻ ഉദ്ദേശമുണ്ടോ ഇല്ലല്ലോ ആരെങ്കിലും വഞ്ചിച്ചെടുക്കാൻ ഉദ്ദേശമുണ്ടോ ഇല്ലല്ലോ കൈക്കൂലി വാങ്ങോ ഇല്ല അല്ല അഴിമതിക്ക് കൂട്ടുനിൽക്കുമോ ഒരിക്കലുമില്ല എന്നാൽ പ്രിയപ്പെട്ടവരെ നിങ്ങളിൽ ചിലരിൽ അവകാശം പറയുന്ന അതാണ് ഇന്നലെയും ഇനി ഞാൻ ചിന്തിച്ചത് നിങ്ങളിലവകാശം പറയുന്ന ചെറുകുറുക്കന്മാരുണ്ട് നിങ്ങൾ കേൾക്കണമോ ഞാൻ അതിന്റെ ടൈറ്റാനിക്കാര്യം പറഞ്ഞില്ലേ പത്ത് അറുനൂറ്റി ചിലവാനം പേരെ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞില്ലേ അതിലൊരാളുടെ പേര് ജെയിംസ് ബ്രൂസ് എന്നായിരുന്നു ജെയിംസ് ബ്രൂസ് രക്ഷപ്പെട്ടയാളാണ് ഈ ജെയിംസ് ബ്രൂസ് ആ കപ്പൽ അപകടത്തിൽ രക്ഷപ്പെട്ടു രക്ഷാബോർഡിൽ രക്ഷപ്പെട്ടു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിൽ ഒരു വലിയ ആക്രമണത്തിൽ കപ്പൽ സേതം വന്നു ആ കപ്പലിൽ അദ്ദേഹം രക്ഷപ്പെട്ടു രണ്ടു വലിയ കപ്പൽ സേതങ്ങൾ അകപ്പെട്ടെങ്കിലും രക്ഷപ്പെട്ടു എന്നാൽ അദ്ദേഹം സ്വന്തം വീട്ടുമുറ്റത്തുനിന്ന് പുറത്തേക്ക് കടക്കുന്ന ഭാഗത്ത് ഒരു ചെറിയ തോട്ടിൽ പതിനൊന്നിഞ്ച് വെള്ളത്തിൽ വീണു അദ്ദേഹം ശ്വാസം മുട്ടി മരിച്ചു വലിയ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ പെരുവെള്ളത്തിൽ രക്ഷപ്പെട്ടു പെസഫിക് മഹാസമുദ്രത്തിലെ വലിയ ജലത്തിന്റെ പെരിപ്പത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പക്ഷേ പതിനൊന്നിഞ്ച് മാത്രമുള്ള വെള്ളത്തിൽ അദ്ദേഹം കാൽവഴിഞ്ഞ് വീണ് കമഴ്ന്ന് വീണ് അവിടെ ശ്വാസം മുട്ടി അദ്ദേഹം മരിച്ചു വലിയ പാപങ്ങളിലല്ല പലരും മരിക്കുന്നത് ചെറിയ ചെറിയ പാപങ്ങൾ ചെറിയ ഈർഷ്യ ചെറിയ മുഷിച്ചത് ചെറിയ ക്ഷമകേട് ചെറിയ കയ്പ് നിങ്ങൾക്ക് കേൾക്കണമോ ബർക്കിരി എന്ന് പറയുന്നൊരു ആളുണ്ടായിരുന്നു ബർഖിലി ഈ ബർക്കിരി എന്താണ് കേൾക്കണമോ പറഞ്ഞു തരാം ബർക്കിരി അദ്ദേഹം ഘോര വനാന്തരങ്ങളിലൂടെ നടന്ന് നായാട്ട് നടത്തുന്ന വീരനായൊരു നായാട്ട് വീരനായിരുന്നു അദ്ദേഹം വലിയ സിംഹങ്ങളെയും കരടികളെയും പുള്ളിപ്പുലികളെയും കടുവകളെയെല്ലാം വെടിവെച്ചിടാൻ സമർത്ഥനായിരുന്നു വളരെ വേഗത്തിലോടുന്ന കരടിയെ പുലിയെയും കടുവയെയും വെടിവെച്ചിട്ടിട്ടുണ്ട് കടുവയും സിംഹവും അദ്ദേഹത്തിന് നേരെ ചാടി വീണിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഈ സമർത്ഥനായ വിദഗ്ധൻ സ്വന്തം വീട്ടിൽ ഒരു പൂച്ചയുടെ കൈ കൊണ്ട് ഒന്നള്ളിയപ്പോൾ പൂച്ചയുടെ നഖം കൊണ്ട് കൈയിലെ നഖം കൊണ്ട് അതിൽ കൂടി വിഷം വ്യാപിച്ച് മരിച്ചുപോയി പുലി കടിച്ചതുകൊണ്ടോ കടുവ വിഴുങ്ങിയത് സിംഹം ആക്രമിച്ചതുകൊണ്ടോ ഒരു പൂച്ചയുടെ കയ്യിലെ നഖം കൊണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ബ്ലോണ്ടിൻ എന്ന് പറയുന്ന ഒരാളുണ്ട് ബ്ലോണ്ടിൻ അദ്ദേഹം നയാഗ്രയുടെ മീതേ നയാഗ്ര വെള്ളച്ചു മീതേ കാനഡയുടെയും അമേരിക്ക യു എസ് ഇടയിലുള്ള വലിയ വിസ്താരമേറിയ നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെ മുകളിൽ കൂടെ അദ്ദേഹം ഒരു കയറുകെട്ടി നടന്നു ജനമെല്ലാം അമ്പരപ്പോൾ നോക്കി നിന്നു നയാഗ്ര ആഴത്തിൽ ആഴത്തിൽ ഭയങ്കരമായതാഴ്ചയിൽ കയറിന്ന് പയ്യൊന്ന് തന്നിയാൽ മതി ഒരിക്കലും പിന്നെ തിരിച്ചു കിട്ടാത്ത അദ്ദേഹം ആ വെള്ളച്ചാട്ടത്തിൽ പെട്ടുപോകും എന്നാൽ ഒരു കേടും കൂടാതെ വന്നു പിന്നീട് തിരിച്ചദ്ദേഹം വേറൊരാളെ സ്വന്തം തോളിൽ വഹിച്ചുകൊണ്ട് അദ്ദേഹം ആ കയറിൽ കൂടി നടന്നു കേൾക്കണമോ അദ്ദേഹം അതെല്ലാം ജയിച്ചു പക്ഷേ സ്വന്തം വീട്ടുമുറ്റത്ത് ഒരു ചെറിയ കല്ലിൽ തട്ടി ഒന്ന് വീണുപോയി കേൾക്കൂ ആ ഒരു ചെറിയ വീഴ്ച കൊണ്ട് അദ്ദേഹം മരിച്ചു എന്തിനെ പറഞ്ഞെന്നറിയാമോ വലിയ ഭാവങ്ങളല്ല അനേകരെ വിഴുങ്ങുന്നത് മഹാപാവങ്ങൾ എന്ന് പറയുന്ന പാവങ്ങളൊന്നുമില്ല പ്രകടമായ പാവങ്ങളൊന്നുമില്ല പ്രകടമായ വിചാര പ്രവർത്തിക്കൊന്നും പോയില്ല എന്നാൽ മകന് നിനക്ക് ചില ചെറിയ പാപങ്ങളുണ്ട് നിന്റെ ജീവിതത്തിൽ ചില ചില ചെറിയ പാവങ്ങൾ ചെറുതായി കരുതുന്ന ചില പാവങ്ങൾ മനസ്സിൽ പോകുന്ന ചില വിദ്വേഷങ്ങൾ ചില പിണക്കങ്ങൾ ചില ഇണക്കക്കുറവുകൾ ചില അസ്വസ്ഥതകൾ ചില വാശികൾ ചില വൈരാഗ്യങ്ങൾ ചില ദുഃസാഠ്യങ്ങൾ ഇല്ല കോപസ്വഭാവങ്ങൾ അങ്ങനെയുള്ളതായി ചില പാപങ്ങൾ നിന്നെ ആത്മാവിൽ മരിക്കുന്നതിന് കാരണമാക്കി തീർക്കും ദൈവത്തിന് സ്തോത്രം കടം വീട്ടണമോ കടം വീട്ടണം പ്രിയപ്പെട്ടവരെ കടം വീട്ടണം കടം ബാക്കി വെച്ചുകൊണ്ടിരിക്കരുത് ഏതാണ് ഈ കടം പാപത്തിന്റെ കടം പാപത്തിന്റെ കടം ബാക്കി വെച്ചു പാപത്തിന്റെ കടം വീട്ടാൻ ഗോകുൽത്തായിൽ നിത്യരക്ഷകൻ കുരിശിൽ മരിച്ചു എന്റെ പാപത്തിന്റെ കടം വീട്ടാൻ അതെങ്ങനെ ഞാൻ മരണിക്കേണ്ടു സ്നേഹിത നിന്റെ പാപത്തിന്റെ കടം വീട്ടാൻ യേശു കുരിശിന്മേൽ മൂന്ന് ആണികളിൽ തൂങ്ങി നിന്റെ കൈ നീ ചെയ്തത് നീയാണ് ശിക്ഷയേൽക്കേണ്ടത് യേശുവിന്റെ കൈകളിൽ തകർത്തു നിന്റെ കാലുകൊണ്ട് നീ നടന്ന് നീങ്ങിയതില് നിന്റെ കാലു ചവിട്ടിയതില് നിന്റെ കാലു തൊഴിച്ചതില് നിന്റെ കാല് തൊട്ടതില് അഴുക്കും അശുദ്ധിയും സംഭവിച്ചു മോനെ നിന്റെ കാലിലാണ് ശിക്ഷ നിന്റെ ശിക്ഷ യേശു ഏറ്റെടുത്തു യേശുവിന്റെ കാൽ രണ്ടും ചേർത്തു വെച്ച് കായലിനും പാണി കൊണ്ട് മരക്കുരിശിനോട് ചേർത്തടിച്ചു നിന്റെ ഹൃദയത്തിലാണ് തിന്മയുണ്ടായിരുന്നത് നിന്റെ ഹൃദയത്തിലാണ് വഴക്കും പിണക്കവും കലഹവും കോപവും വാശിയും വൈരാഗ്യം ഉണ്ടായിരുന്നത് അവിടെ അവിടെയാണ് ശിക്ഷ ഏൽക്കേണ്ടിയിരുന്നത് യേശുവിനെങ്കിൽ കുന്തം കൊണ്ട് കുത്തി ഒരു പാവ ഉഞ്ചിയാ ദൈവ പുത്രം ശിക്ഷയേറ്റു നിന്റെ കണ്ണുകൊണ്ട് നീ അരുതാത്ത പടം കണ്ടു ചീത്ത പടം കണ്ടു ബ്ലൂ ഫിലിം കണ്ട് രസിച്ചു ബ്ലൂ ഫിലിം കാണാൻ മറ്റുള്ളവരെ നീയെ കൂട്ടിച്ചേർത്തു നിന്റെ കൂടെ പഠിക്കുന്നവരെ ക്ലാസ് മുറിയിലോ ഹോസ്റ്റൽ മുറിയിലോ അല്ലെങ്കിൽ ഏകാന്തമായ സ്ഥലങ്ങളിലോ ഇരുത്തി അവരെ ഈ നീ കാണിച്ചു കൊടുത്തു സ്നേഹിത നിന്റെ കണ്ണുകൊണ്ട് നീ പാവം ചെയ്തു കാണരുതാത്തത് നീ കണ്ടു നോക്കരുതാത്തത് നീ നോക്കി നിന്റെ കണ്ണിലാണ് ശിക്ഷ എന്നാൽ നിന്റെ ശിക്ഷ ഏറ്റുവാങ്ങിക്കൊണ്ട് യേശുവിന്റെ മുഖത്ത് യേശുതുപ്പലേറ്റു യേശുവിന്റെ കന്ന തടിയേറ്റു യേശുവിന്റെ കവളത്തിന്റെ രോഗങ്ങൾ പിഴുതു പിഴുതു വലിച്ചെടുത്തു പ്രിയപ്പെട്ടവരെ നിന്റെ നാവ് അരുതാത്തത് പറഞ്ഞതാണ് നിന്റെ നാവ് അരുതാത്ത വാക്കുകൾ പറഞ്ഞു ചീത്ത വാക്കുകൾ പറഞ്ഞു അസഭ്യ വാക്കുകൾ പറഞ്ഞു ഏഷണി വാക്കുകൾ പറഞ്ഞു മറ്റുള്ളവരെന്തെല്ലാമോ കുറ്റം പറഞ്ഞപ്പോൾ കൂടെ ചേർന്ന് കുറ്റം പറഞ്ഞു ദൈവത്തിന്റെ ആത്മാവെന്നറിയാ ദൈവത്തിന്റെ ആത്മാവ് ദൈവമക്കളെയും കുറ്റം പറഞ്ഞു ദൈവത്തിന്റെ വേലയെ നീ പരിഹസിച്ചു ദൈവ നീ തടുത്തു നീ പലതും പലതും നിന്റെ നാവ് ചെയ്തുപോയി നുണ പറഞ്ഞു വഞ്ചന പറഞ്ഞു ചതിച്ചു നാവുകൊണ്ട് നീ അനേകം അനേക അകൃത്യങ്ങൾ ചെയ്തു നിന്റെ നാവിലാണ് ശുചീകേൽക്കേണ്ടത് യേശുവിന്റെ വായിൽ ഇതാ യേശുവിന് മുഖം അടിച്ച് തകർത്ത് യേശുവിന്റെ വായിലേക്ക് കൈപ്പറിയിലേക്ക് കൊടുത്തു ചൊറുക്ക കൊടുത്തു പൊളിച്ച വീഞ്ഞ കൊടുത്തു സഹോദരങ്ങളെ യേശു നിനക്ക് വേണ്ടി സഹിച്ചു യേശുവിന് സിസിനി മുൾമുടി വെച്ചു നിന്റെ തലച്ചോറിലാണ് ചീത്ത ചിന്തകളുണ്ടായിരുന്നത് നിന്റെ വിചാരത്തിലാണ് അഴുക്കുണ്ടായിരുന്നത് യേശുവിന് സിരസിൽ സകല ശിക്ഷയും യേശു വഹിച്ചു ഇന്ന് രാത്രി മുൾമുടി അണിഞ്ഞവനായി കൈകൾ തുളയ്ക്കപ്പെട്ടവനായി കാലുകൾ ആണിയെടുത്ത് തകർന്നവനായി ഹൃദയത്തിൽ കുത്തം കൊണ്ട് കുത്തേറ്റവനായി തിരുരക്തം ചിന്തിയവനായി യേശുവിനെ അരികത്തേക്ക് വന്നിരിക്കുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ യേശുവിനെ സ്വീകരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കേശുവിനെ തള്ളാം പൂർണ്ണ നിങ്ങൾക്കാണ് യേശുല നിങ്ങൾക്ക് സ്വീകരിക്കാമെങ്കിൽ കടം വീട്ടാം നിങ്ങളുടെ കടം മാറ്റും നിങ്ങളുടെ കടം വീട്ടിക്കിട്ടും നിങ്ങൾക്ക് സ്വസ്ഥത കിട്ടും നിങ്ങൾക്ക് സമാധാനം കിട്ടും നിങ്ങളുടെ പാപം ക്ഷമിച്ചു കിട്ടും ഇതുവരെ വന്നുപോയ സകല പാവവും ക്ഷമിച്ച് സകല അകൃത്യവും പോക്കി അവൻ നിങ്ങളെ ശുദ്ധീകരിക്കും വരിക നോക്കുന്ന ലഹരിക്കാം ഏഹോ അരില് ചെയ്യുന്നു നിങ്ങളുടെ പാപങ്ങൾ രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും ഹിമം പോലെ കടും ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ വെണ്ണയായി തീരുമെന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ കാല ജീവിതം മുഴുവൻ അവൻ മായിച്ചു കളയും നീ രഹസ്യമായി ചെയ്തത് യേശു അറിഞ്ഞു യേശുവിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് മകളെ ജീവിതത്തിൽ രഹസ്യമായി സംഭവിച്ചത് യേശു അറിഞ്ഞു അതിന്റെ പുസ്തകത്തിലുണ്ട് അതിനി തുറന്നു വായിക്കുന്നൊരു ദിവസമുണ്ട് അത് യേശുവിന്റെ രണ്ടാമത്തെ വരവിന് ശേഷം ന്യായവിധി ദിവസത്തിലാണ് അന്ന് പുസ്തകങ്ങൾ തുറക്കും ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറക്കും അന്ന് നിന്റെ പേരിൽ എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം നിന്നെ വായിച്ച് കേൾപ്പിക്കും നീ മാത്രമല്ല ആബാലവൃദ്ധം സകലമായ മനുഷ്യരും കേൾക്കേ അതെല്ലാം വായിച്ചു കേൾക്കും അതെല്ലാം പരസ്യമായി വായിച്ചു കേൾപ്പിക്കും എന്നാൽ അന്ന് വായിച്ചു കേൾക്കാതിരിക്കണമെങ്കിൽ ഇന്ന് നീ കടം വീട്ടി ഇന്ന് നീ സ്വസ്ഥനായി വീട്ടിൽ പോകണം ഇന്ന് നിന്റെ പാവങ്ങൾ കഴുകപ്പെടണം ഇന്ന് ഓർമ്മയുടെ പുസ്തകത്തിൽ നിന്ന് നിന്റെ പേരിൽ എഴുതിയിരിക്കുന്നതെല്ലാം മാഞ്ഞ് കിട്ടണം ഇന്ന് മുഴുവനായി മാഞ്ഞ് കിട്ടണം അത് മായ്ക്കാൻ ഒന്നേ ഉള്ളൂ ദൈവവൈതലേ നിന്റെ പാപത്തിൽ കടം മുഴുവൻ വായിക്കാൻ കടച്ചിട്ട് കീറിക്കളയാൻ ഒന്നേ ഉള്ളൂ അത് കർത്താവ് യേശുവിന്റെ കുരിശിലെ രക്തമാണ് അത് യേശുവിന്റെ ജയമുള്ള സ്ത്രീവായാണ് യേശുവിന്റെ തിരി മാത്രമേ നിന്റെ കടം മാറ്റാൻ കഴിയുകയുള്ളൂ എണ്ണ വിത്ത് ഉപജീവനം കഴിച്ചു എണ്ണ നീ വാങ്ങിക്കൊള്ളുക ആ തിരി നീ ആശ്രയിച്ചു യേശുവിന്റെ തിരു രക്തം പാപവും പൊക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു സ്നേഹിതരെ ഈ രാത്രി നിങ്ങൾ എന്ത് എഴുന്നേൽക്കും യേശുവിന്റെ തിരു കഴുകൽ കിട്ടണമെന്ന് നിങ്ങൾ പറയുമോ ഈ നിമിഷം മുതല് യേശുവിന്റെ തിരി കഴുകപ്പെട്ടവളായി ഞാൻ ജീവിക്കും യേശുവിന്റെ തിരി രക്തത്താൽ ഞാൻ ജീവിക്കും ഞാൻ പുതിയ സൃഷ്ടിയായി ജീവിക്കും നിങ്ങൾക്ക് ദൈവത്തോട് പറയാൻ തോന്നുന്നുണ്ടോ പ്രിയരെ എങ്കിൽ നിങ്ങൾക്ക് ശാന്തമായി നിങ്ങളുടെ കണ്ണുകളെ അടയ്ക്കാം ഇപ്പോൾ കണ്ണുകൾ അടയ്ക്കുമ്പോൾ കളവുദ്ദേശിച്ചു വന്നിരിക്കുന്നവര് മോഷണം ഉദ്ദേശിച്ചു വന്നിരിക്കുന്നവര് നിങ്ങളുടേതൊന്നും തട്ടിപ്പറിക്കാതിരിക്കാൻ നിങ്ങളുടെ സാരി നിങ്ങളുടെ കഴുത്തിൽ കൂടി ചുറ്റിയിടുക നിങ്ങളുടെ മാല പറിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക ഓൾ ഇന്ത്യേഴ്സ് കണ്ണു തുറന്ന് നോക്കിക്കൊണ്ടിരിക്കുക ആരെങ്കിലും അക്രമം കാണിക്കുന്നുണ്ടോ എന്ന് കണ്ണു തുറന്നു നോക്കിക്കൊണ്ടിരിക്കുക മറ്റുള്ളവരെല്ലാം കണ്ണുകളെ അടയ്ക്കുക ഹാലോയ ഹാലലൂയ ഹാലൂയ ഹാലലൂയ്യ ഹാലോയ ഹാലലലൂയ്യാ ഹാലലൂയ്യാ എണ്ണ വിറ്റ് ഉപജീവനം കഴിച്ചു കൊള്ളുക നീ എന് എന്റെ മക്കൾ ഉപജീവനം കഴിച്ചുകൊളുക ഇനി കടക്കാരൻ പിടിച്ചുകൊണ്ട് പോകുന്നു പേടിക്കേണ്ട കടച്ചിട്ട് കീറി തരികയാണ് ഇനി കടക്കാരൻ പിടിച്ചുകൊണ്ട് പോവുകയില്ല പേടിക്കേണ്ട അടിമയാകേണ്ടി വരികയില്ല കടക്കാരന് അടിമയായി തീരേണ്ടി വരികയില്ല ഇന്ന് ഇന്ന് ഇന്ന് നിങ്ങൾക്ക് യേശുവിനെ സ്വീകരിക്കാം ഇന്ന് നിങ്ങൾക്ക് യേശുവിന്റെ രക്തത്താലുള്ള കഴുകൽ അനുഭവിക്കാം യേശുവിനരികത്ത് നിൽക്കുന്നുണ്ട് തൊട്ടരികത്ത് നിൽക്കുന്നുണ്ട് അടുത്തിരിക്കുന്ന ആളേക്കാൾ എടുത്ത് നിൽക്കുന്നുണ്ട് യേശുവിന്റെ അരികത്തേക്ക് വന്നിരിക്കുകയാണ് മോനെനി ഏത് സഭയിൽപ്പെട്ടവനാണെങ്കിലും ഏത് സമുദായത്തിൽപ്പെട്ടവനാണെങ്കിലും മോളെ ഇനി ഏത് വന്നവളാണെങ്കിലും എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും അല്ല ഇല്ലെങ്കിലും എത്ര സൌന്ദര്യം ഉണ്ടെങ്കിലും അതായില്ലെങ്കിലും എത്ര ആരോഗ്യമുണ്ടെങ്കിലും അതായില്ലെങ്കിലും ദൈവവൈദ്യ അരികത്തേക്ക് യേശു വന്നു നിൽക്കുകയാണ് യേശുനെ സ്നേഹിക്കുകയാണ് യേശുന്റെ തിരി രക്തം നിന നീട്ടുകയാണ് യേശു നിന്നെ അനുകീപ്പൻകര ഉയർത്തുകയാണ് യേശുവിന്റെ കര നിന്റെ മേലെ യേശു കര നീട്ടുകയാണ് തിരു രക്തത്തോള എനിക്ക് നിങ്ങൾ ആഗ്രഹിക്കുമോ ഹാലലൂയ ഹാലോയ്യ തിരുതുള്ള കഴുകൽ എനിക്ക് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുമോ കർത്താവേ നിന്റെ തിരുരക്തത്താൽ എന്നെ കഴുകണമേ ഈ നിമിഷം മുതൽ ഞാൻ പുതിയ സൃഷ്ടിയായി ജീവിക്കും ഹാലലൂയ കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ നിങ്ങളിതായി ഏറ്റുപറയുക കരുണയുള്ള കർത്താവേ നിന്റെ തിരി രക്തത്താൽ എന്നെ കഴുകണമേ എന്റെ പാപത്തിന്റെ കടച്ചിട്ട് നീ കീറിക്കളയണമേ എന്റെ യേശുവേ എന്റെ തിരു രക്തത്താൽ എന്നെ വീണ്ടെടുക്കണമേശ ഇന്നുമുതൽ ഞാൻ പുതിയ സൃഷ്ടിയായി ജീവിക്കും ഇനി അടിമിയല്ല അടിമയല്ല ഞാൻ യേശു ക്രിസ്തുവിന്റെ അടിമയാകുന്നു യേശുവേ യേശു സ്വീകരിക്കണമേ യേശുവേ പരിശുദ്ധ എന്നെമേൽ പകരണമേശം വെക്കണമേണ്ട വരവിന് വേണ്ടി എന്നെ ഒരിക്കണമേരമത്തെ വരവിൽ വിശുദ്ധൻമാടനേശ മരണ നേരത്തെ нендуदनмар нендуदनмар нен എതിരെറ്റുകൊണ്ടೋಗണമേ нен എതിരെറ്റുകൊണ്ടೋಗണമേ нен ಕೈകൊള്ളണമേ нен ಕೈകൊള്ളണമേ ഇപ്പോൾ തന്നെ ഇപ്പോൾ തന്നെ യേശുവേ യേശുവേ നിൻ ആണിപാড়ലകരം നിൻ ആണിപാড়ലകരം എൻറെ सिरസിൽ വെക്കണമേ എൻറെ सिरസിൽ വെക്കണമേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ അങ്ങനെ പറഞ്ഞു പ്രാർത്ഥിച്ചവരുടെ കരങ്ങളെ ഉയർത്തൂ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ കരങ്ങളെ താഴ്ത്തി ജീവനുള്ള ദൈവമേ ഞങ്ങളുടെ പാപത്തിന്റെ കടം മാറ്റുവാൻ കുരിശില്ല കടംകൊണ്ടവനെ പോലെ മരിച്ച രക്ഷക അവിടുത്തെ കരുണയ്ക്കും കൃപയ്ക്കുമായി സ്തോത്രം എന്റെ നാഥ ഇന്ന് തീരുമാനമെടുത്തവരെ അവിടെ നിന്ന് മുദ്രയിട്ടതിനാൽ സ്തോത്രം യേശുവെ ഇന്ന് നിന്റെ മക്കളെ അവിടുന്ന് സന്ദർശിച്ചതിനായി സ്തോത്രം ഈയോട് ഇരുത്ത രാത്രിയിൽ നിന്റെ സ്വർഗത്തിന്റെ എണ്ണ സ്തോത്രം രാജാധിരാജ നിന്റെ പരിശുദ്ധാൽമാൻ നല്ലവരും ഞങ്ങളുടെ മേലയച്ചതിനായി സ്ത്രോത്രം എല്ലാവരുടെ ഏതേലും പരിശുദ്ധാൽമാൻ ഊതിയതിനായി സ്ത്രോത്രം തുറന്ന ഹൃദയങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് കടന്ന് വന്നതിനായി സ്തോത്രം എല്ലാവരെയും സമാധാനത്തോടെ പറഞ്ഞയക്കണമേ കർത്താവ് ഭവനങ്ങളിലേക്ക് പരിശുദ്ധാത്മാവുമായി പോയി സമാധാനമുള്ള സന്തോഷമുള്ള കുടുംബജീവിതം നയിപ്പം എല്ലാവർക്കും ഭാഗ്യം നൽകണമേ അനുഗ്രഹിക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ